आत्मा ചൈത്രസംരപ്രപ്ത ഉഭയ സംവേത ക്ഷം അവരെന്താ പറയുന്ന കഴിഞ്ഞ ദിവസം ഘടമഹം ജാനാമി എന്ന് പറഞ്ഞു ഞാൻ ഇതിനെ പറയുന്നു അവിടെ ജ്ഞാനത്തിന്റെ കർമ്മമായിട്ട് പുസ്തകത്തെ അറിയുന്നു ജ്ഞാനത്തിന്റെ ആശ്രയമായി ആത്മാവിനെറിയുന്നു ജ്ഞാനം ജ്ഞാനത്തെ തന്നെ അറിയിക്കുന്നു സ്വവിഷയത സ്വപ്രകാശം അതാണ് സിദ്ധാന്തം ഇപ്പൊ ജ്ഞാനം എനിക്കറിവ് ഇപ്പോ ഞാൻ പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുന്നു പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുമ്പം എന്റെ ഉള്ളിൽ അറിവുണ്ടല്ലോ എന്റെ ഉള്ളിൽ അറിവുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഭ്രാന്തിയില്ല അറിവില്ല എന്ന് ഞാൻ അറിയുന്നില്ല അപ്പം അജ്ഞാനും സംശയവിവര്യങ്ങളൊന്നുമില്ല എന്റെ ഉള്ളിൽ അറിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് അറിവ് പുസ്തകത്തെ അറിയുമ്പോ അറിവ് അറിവിനെ അറിയില്ല ഇതിനെന്താ ഇങ്ങനെ സ്വീകരിക്കുന്നതിനെന്താ കുഴം അറിവ് അറിയാറിയാ അറിവിന്റെ അറിവ് അറിവിനെ തന്നെ അറിയുന്നു അനവസ്ഥ എന്തോന്ന് അനവസ്ഥ അറിവിനെ അറിവിന്റെ അറിവിനെ മറ്റൊരറിവ് അറിയുന്നു എന്ന് പറഞ്ഞാൽ അനവസ്ഥ ആഘോഷം ഇതെന്ത് ചെയ്യുന്നു ആ പുസ്തകജ്ഞാനം തന്നെ തന്റെ ഉള്ളിലുണ്ടാ പുസ്തകം ആ പുസ്തകത്തെ അറിയാൻ വേറൊരു അറിവിന്റെ ആവശ്യമുണ്ട് പിന്നെയോ ആ ജ്ഞാനം തന്നെ ഞാനത്തെ അറിയുന്നു അതായത് അവർ പറയുന്ന ഒരു തീ ഇത് പുസ്തകം ഈ പുസ്തകത്തെ സംബന്ധിക്കുന്ന എല്ലാ വ്യവഹാരങ്ങൾക്കും ജ്ഞാനം വേണം ഇത് എന്ത് പുസ്തകമാണ് എന്ന് അറിഞ്ഞ് ഈ പുസ്തകത്തെ എടുക്കുകയോ തടയുകയോ തുറക്കുകയോ വായിക്കുകയോ കത്തിച്ചു കളയുകയോ എന്തൊക്കെ ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരം നടക്കുന്നു അതിനൊക്കെ വേണം അറിവ് ഇതാണ് അവർ പറയുന്നത് എന്നാൽ അറിവിനെ മുന്നിരത്തിയ വ്യവഹാരങ്ങൾ സംഭവിക്കുന്നത് എന്നാൽ അറിവിന്റെ വ്യവഹാരം അറിയുന്നു ഞാൻ അറിയുന്നു ഇതിന് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല അറിവ് മതി അതാണ് അവര് പറയുന്നത് എന്നുവെച്ച പുസ്തകജ്ഞാനം തന്നെയാണ് ആ ജ്ഞാനത്തിന്റെ ജ്ഞാനം അവിടെ വേറെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല അറിവ് സ്വയം അറിയുന്നു ഇതാണ് അവരുടെ സിദ്ധാന്തം അതുകൊണ്ട് അവർ പറയും സ്വവിഷയകത്വരൂപ സ്വപ്രകാശത്ത് അറിവ് അറിവിനെ അറിയുന്നു അതാണ് അറിവിന്റെ സ്വപ്രകാശത്ത് രണ്ടാമത് രണ്ടാമതൊരു അറിവില്ലായെന്നവർ പറയാൻ കാരണം താർക്കികന്മാർ പറയും അയം ഘടഹ എന്നൊരു ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങന ഒരു വ്യവസായ പിന്നീട് ഘടം അഹം ജാനാമി എന്നൊരു അനുവ്യവസായ ജ്ഞാനം ഉണ്ടാവും ജ്ഞാനത്തിന്റെ ജ്ഞാനം റിവിന്റെ അറിവ് രണ്ടാമതൊന്നു വേണമെന്നാണ് താർക്കിയ അറിവിന്റെ അറിവായിട്ട് രണ്ടാമത്തെ അറിവ് വേണം ഒരു രണ്ടാമത്തെ അറിവിന്റെ അകത്ത് വലിയ പ്രശ്നങ്ങളായി മാറും കൊണ്ടെന്താണ് കടമഹം ജാനാമി എന്ന് പറഞ്ഞാലോ അയ്യം കട എന്നൊക്കെ പറഞ്ഞാലോ അറിവ് തന്നെ അറിവിനെ അറിയുന്നു സ്വവിഷയകൾ സ്വപ്രകാശം അതാണ് അറിവിന്റെ സ്വപ്രകാശം അപ്പൊ അറിവ് സ്വപ്രകാശമാണെന്ന് അവർ സ്വീകരിക്കുന്നു പക്ഷെ അത് സ്വവിഷയകമാണെന്നാണ് ഇതാണ് എന്നുവെച്ചാൽ അവര് പറയുന്നത് സിമ്പിളായിട്ടാണ് ഒരുപാട് അതിൽ കോംപ്ലിക്കേഷനൊന്നുമില്ല അതുകൊണ്ട് അറിവിനെ അറിയാൻ വേണ്ടി ഒരു അനുഭവ സഹായം ഞാൻ അവൻ്റെ ആവശ്യമില്ല അറിവ് അറിവിനെ അറിയുന്നു നമ്മുടെ അനുഭവം അങ്ങനെയാണ് സജാതീയ പരാനപേക്ഷത്വ ജ്ഞാനം നമ്മൾ ജ്ഞാന ഉള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് ജ്ഞാനം ഉണ്ടായി എന്ന് പറയുന്നു വ്യവഹാരം ജ്ഞാന വ്യവഹാരം ജ്ഞാനവ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് എനിക്ക് ജ്ഞാനമുണ്ടായി അതാണ് ജ്ഞാന വ്യവഹാരം ഈ എന്താണ് വ്യവഹാരത്തിന് എനിക്ക് ജ്ഞാനം ഉണ്ടായി എന്ന് ഞാൻ പറയുന്ന എന്റെ ഈ ശബ്ദ പ്രയോഗത്തിന് ഈ ജ്ഞാനം മതി മറ്റൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല അത് സ്വവ്യവഹാരത്തിന് സ്വസജാതിയ പരം മറ്റൊരു ജ്ഞാനം അതിന്റെ അനപേക്ഷത്വം ആവശ്യമില്ല ഏറ്റവും സിമ്പിളാണ് പ്രഭാകർ ഗുരു പറയുന്നു കൊണ്ടെന്ന് വരുന്നു സദാ ഈ ത്രിപുടീന് ത്രിപുടീഭാന് സദാ അറിവിന്റെ ആശ്രയമായ ആത്മാവ് അറിവിന്റെ വിഷയമായിരിക്കുന്ന കർമ്മം അറിവ് ജ്ഞാത ജ്ഞാനം ഞാൻ ജ്ഞാതാവെന്നവർ പറയില്ല അറിവിന്റെ ആശ്രയം എന്ന് പറയും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് കാരണം ഈ ആത്മാവ് ജഡമാണ് ആത്മാവെന്ന് നിങ്ങളെന്ന് പറയുന്നത് ജഡത്തെയാണ് എവിടെയാണോ ഈ ജ്ഞാനം ഉണ്ടാകുന്നത് അത് ജഡത്തിലാ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ജഡം എന്താണ് അങ്ങനെയൊന്നും അന്നവർ ചിന്തിച്ചില്ല അന്നും അറിയത്തില്ല പക്ഷെ അവർ ഒരു കാര്യം പറഞ്ഞു ഈ അറിവുണ്ടാകുന്ന ജഡത്തിലാണ് ഏതാ ജഡം പുസ്തകവും മേസിയും ആ ജഡത്തെയാണ് അവരെന്ത് പറയുന്നത് ആത്മാവ് ആധുനിക ശാസ്ത്രത്തിന്റെ വലിയൊരു വലിയൊരു വിഭാഗവും പറയുന്നത് എന്താണ് ആത്മാവ് അറിവ് ആശ്രയിച്ചിരിക്കുന്ന ജഡത്തിലാണ് അറിവിന്റെ ആശ്രയം ജഡമാണ് അവരും അതല്ല പക്ഷെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ അവർക്ക് എന്താണ് ജഡം എന്നു പറയുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരെന്താണ് ജഡമെന്ന് പറയുന്നത് ാണ് രണ്ടു നമ്മുടെ വ്യത്യാസം ഈ ബ്രെയിൻ എന്ന് പറയുന്ന ജഡോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാര് പറയുന്ന എന്താണ് ഇവര് ജഡോ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് ജഡോ എന്ന് പറഞ്ഞാൽ ആര് പറയുന്നത് പ്രഭാകരന്മാരെ ജഡോ എന്ന് പറഞ്ഞാൽ ജ്ഞാനഭം അപ്പൊ ജ്ഞാന ഭിന്നമായ ഒന്ന് ആശ്രയിച്ചിരിക്കുന്നു എന്ത് ആത്മാവ് ജ്ഞാനാശ്രയമായിരിക്കുന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഈ പുസ്തകം ജഡോ എന്ന് പറഞ്ഞാൽ പറയുന്നത് ജ്ഞാനവേദ്യം രണ്ടർത്ഥം പറയാവര് പുസ്തകം ജഡോ എന്ന് പറഞ്ഞാന്റെ അർത്ഥം എന്താണ് ജ്ഞാന ഭിന്നമായി ജ്ഞാന വേദ്യമായിരിക്കുന്നു അത് ജ്ഞാനത്തിനൊന്നും ഭിന്നമാണ് ഞാന കൊണ്ടറിയുന്നതുമാണ് അതാണ് ജഡം അത് ജ്ഞാനത്തിന്റെ ആശ്രയമായിരുന്നു അപ്പോ ഞാൻ അപരോക്ഷമാണ് എന്നുള്ളവര് സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയുള്ള അപരോക്ഷത്വം എങ്ങനെയുള്ള അപരോഷത്വമാണ് ഇതുവരെ എന്താ പറഞ്ഞോണ്ടു എന്നാണ് ഞാൻ പറഞ്ഞു എന്താണ് അപരോക്ഷത്വം എന്ന് ഞാനിപ്പോ പറഞ്ഞു എന്താണോ പറഞ്ഞത് ആ എന്ന് പറയും സ്വവിഷയത്വം സ്വന്ന് വെച്ചാൽ ജ്ഞാന വിഷയത്വമാണ് എന്തു ജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ എന്താണോ പുസ്തകത്തെ പലരൂപത്തിലും അറിയാം അല്ലെങ്കിൽ ചോദിക്കാൻ പറഞ്ഞെങ്കിലും ജ്ഞാനം വേറെ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ പുസ്തകത്തിൽ ഇരിക്കുന്ന കണ്ടന്സ് അല്ലെങ്കിൽ എന്റെ ബാക്യത പല അത് എങ്ങനെയാണെന്ന് അറിയുന്നത് ചോദ്യം എന്താണെന്ന് മനസ്സിലായി പുസ്തക രൂപത്തിൽ ഞാനത്തെ അറിയല്ല ജ്ഞാനത്തിന്റെ വിഷയമായി പുസ്തകത്തെ അറിയും കണ്ടന്സും അതൊക്കെ ജ്ഞാനത്തിന്റെ വിഷയം അതൊക്കെ എന്താണ് ജ്ഞാനത്തിൻ്റെ വിഷയങ്ങളാണ് അത് ഇപ്പം പറയുന്ന അദ്വൈതം അതൊരു ജ്ഞാനത്തിൻ്റെ വിഷയമാണ് അത് ഇഷ്ടാദ്വൈതം ജ്ഞാനത്തിൻ്റെ വിഷയമാണ് അതൊക്കെ ജ്ഞാനം അറിയുന്ന വിഷയങ്ങളാണ് ബ്രഹ്മം ജ്ഞാനത്തിന്റെ വിഷയമാണ് പ്രപഞ്ചം ജ്ഞാനത്തിൻ്റെ വിഷയമാണ് അങ്ങനെ ഏത് എല്ലാം ഞാൻ ഭിന്നമാണ് എല്ലാം ഞാന് ഭിന്നമാണ് അതാണ് കൂടെ പറഞ്ഞ എന്ത് ആത്മാ ജഡോവി ആത്മാവ് ജഡമാണ് പറയുന്നത് ജഡമാണ് ഞാനോ അല്ല ആത്മാവ് ആത്മാവ് ജഡമാണെന്നാണ് താർക്കികന്മാരും പറയുന്നത് എന്തുകൊണ്ടോ അതുകൊണ്ട് അത് ജഡമാണെന്ന് വെച്ചാൽ ജ്ഞാന ഭിന്നമാണ് ജഡം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ചി ജഡെന്ന് പറയുന്നു ജഡം എന്ന് പറഞ്ഞാൽ ചിത്തിൽ നിന്ന് ഭിന്നമായി ചിത്തും കാലം സർവ അർത്ഥജ്ഞാനേഷു ഭാസമാനോപി ജ്ഞാനം സർവ അർത്ഥജ്ഞാനങ്ങളിലും അനുഭവപ്പെടുന്നതാണ് സർവ അർത്ഥം ഞാനെന്നു വെച്ചാൽ ഇത് പുസ്തകം എന്ന് പറയുന്നൊരു അർത്ഥാന ആ അർത്ഥാനത്തിൽ ജ്ഞാനം പ്രകാശിക്കുന്നു ആ ജ്ഞാനത്തെ ജ്ഞാനം തന്നെ അറിയുന്നു സ്വവിഷയത്തിൽ അപ്പോ എന്താണ് ഇവിടെ പറയുന്നത് സർവ്വ അർത്ഥജ്ഞാനേഷു ഭാസമാണ് എന്ന് പറയുന്ന ആത്മാവാണ് എന്നുവെച്ചാൽ ജ്ഞാനത്തിന്റെ ആശ്രയമായിരിക്കുന്ന ആത്മാവ് അർത്ഥാനത്തിൽ അർത്ഥത്തിന്റെ ജ്ഞാനത്തിൽ ആ ജ്ഞാനം എങ്ങനെയാണോ പ്രകാശിക്കുന്ന അതുപോലെ ജ്ഞാനത്തിന്റെ ആശ്രയമായിരിക്കുന്ന ആത്മാവും പ്രകാശിക്കുന്നു ആത്മാവിനെ അറിയുന്നു എങ്ങനെ അറിയുന്നു ആശ്രയത്തിൽ എത്രയുള്ളൂ എന്റെ ഈ അറിവിനൊരാശ്രയമുണ്ട് ആശ്രയത്തെയാണ് ഞാൻ ഞാനെന്ന് പറയുന്നത് അത് ജഡമാണ് ഇതാണ് അവരുടെ സിദ്ധാന്തം മനസ്സിലാവുക ഞാനെന്നറിയുന്നത് ജ്ഞാനത്തിന്റെ ആശ്രയത്തിന് ആശ്രയം എന്ന് പറയുന്നത് ജഡമാണ് ജ്ഞാനമെന്ന് ആശ്രയം ആശ്രയരൂപത്തിൽ അനുഭവപ്പെടുന്നെനിക്ക് എപ്പോ ഞാൻ പുസ്തകത്തെ അറിയുന്നു പറയുന്നു സർവാർത്ഥാനങ്ങളിലും പ്രധാനിച്ച വിഷയം വിഷയങ്ങൾ ജ്ഞാനത്തിലും ഭാസമാനമാകുന്നു ആത്മാവ് അവിടെ ആത്മാവ് പറയുന്നത് ആത്മാവിനെ എടുക്കണം വിഷയത്തെ എടുക്കണം ജ്ഞാനത്തെ എടുക്കണം കർത്തവല്ല കർമ്മം ആത്മാവ് കർത്താവും കർമ്മമാകത്തിനും നേരത്തെ പറഞ്ഞത് എന്താണ് പറയുന്നത് ഈ ജ്ഞാനത്തിന്റെ ആശ്രയം അതിനെ നേരത്തെ പറഞ്ഞു അതിനെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം അറിയുന്നതും ആ ആത്മാവിനെയാണ് ജ്ഞാനത്തിന്റെ ആശ്രയമായി ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം അറിയുന്നതും ആത്മാവിനെ തന്നെ അപ്പോൾ ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് ആത്മാവ് തന്നെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് കൊണ്ട് കർത്താവായി ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നത് കൊണ്ട് ആത്മാവ് തന്നെ കർമ്മമായി ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മ കർത്തൃദോഷം ഇതാണ് മുമ്പ് ചർച്ച ചെയ്ത് ഞാൻ ആത്മാവിനെ അറിയുന്നു ആത്മാവിനെ എന്ന് പറയുന്നത് ആത്മാവും കർമ്മവുമായി ഞാൻ അറിയുന്നു പറഞ്ഞുകൊണ്ട് എന്തായി അപ്പൊ കർത്താവും കർത്മാവും ആരായി ആത്മാവ് കർത്താവും കർമ്മവും ഒന്നില് വരാൻ പാടില്ല എന്നാൽ അത് വിരോധമാണ് ഇതാണ് മുൻപ് ചർച്ച ചെയ്ത് പക്ഷെ ഇവിടെ പ്രഭാകരന്മാർ പറയുന്നത് അങ്ങനെ ഒരു ദോഷമില്ല എന്തുകൊണ്ട് ദോഷമില്ല ജ്ഞാനം ആത്മാവിനെ ആശ്രയിത്തുനിന്നറിയുന്നു പക്ഷെ എന്താണ് ആത്മാവ് കർത്താവാണ് ആത്മാവ് കർമ്മമല്ല ആത്മാവ് ജ്ഞാനത്തിന്റെ കർത്താവാണ് കർമ്മകന്ധ അതെന്തുകൊണ്ട് എങ്ങനെയെന്നുള്ളത് വിശദീകരിക്കും നേരത്തെ എന്നുള്ള വ്യത്യാസം ആത്മാവിനെ അറിയുന്നു പുസ്തകത്തെയും അറിയുന്നു ഇതിനറിയുന്ന ജ്ഞാനത്തെയും അറിയുന്നു ഈ ജ്ഞാനത്തിന്റെ അശ്വരം ആത്മാവ് തന്നെ എന്നാണ് ആത്മാവ് ഭർത്താവ് മറിച്ച് എന്താണ് കർമ്മമാണ് എങ്ങനെ പറയുന്നു ഈ ചൈത്ര സംവേദക്രിയാ ചൈത്ര നഗരപ്രഭയ സംവേദമി കിമാണ നഗരസേവകർമ്മത പരസംവേദക്രിയാഫലശാലിത്വ എന്നത് ചൈത്രസ ക്രിയാഫലശാലിനോ ചൈത്രസമയ ഗമനക്രിയ നേരത്തെ പറഞ്ഞ കാര്യമൊന്നും വിശദീകരിക്കുക കർമ്മം എന്ന് പറഞ്ഞപ്പോഴും പരസംവേദക്രിയാ ചൈത്രനല്ലിരിക്കുന്ന ഗമനക്രിയ ആ ക്രിയയുടെ ഫലം എന്ന് എന്താണ് എന്താണ് ക്രീഡഫലം ഗ്രാമസംയോഗം ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു സംയോഗം എന്ന് പറയുന്നൊരു ഗുണമാണ് ചൈത്രൻ എപ്പോഴാണോ ഗ്രാമത്തിൽ കാലെടുത്ത് വയ്ക്കുന്നതോ അപ്പോ ഗ്രാമസംയോഗമോ സംയോഗത്തിന്റെ പ്രത്യേകത അത് ഉഭയനിഷ്ടമാണ് രണ്ടിടത്തും ഇരിക്കും എന്നുവെച്ചാൽ ചൈത്രനിലും ഇരിക്കും ചൈത്രന്റെ കാലാണല്ലോ ഗ്രാമത്തിൽ ചവിട്ടിയത് അപ്പൊ ആ സംബന്ധം രണ്ടും നമ്പള രണ്ടടുത്തും ഉണ്ട് ചൈത്രന്റെ ഗ്രാമസംബന്ധം എന്ന് പറയുന്ന ഇവിടെ ഇരിക്കും ചൈത്രന്റെ ഗ്രാമത്തിൽ ഇരിക്കും പക്ഷെ അങ്ങനെ ഇരുന്നാലും ഗ്രാമത്തെ മാത്രമേ ഫലശാലി സംയോഗശാലി കർമ്മമായി സ്വീകരിക്കുന്ന ചൈത്രനെ സ്വീകരിക്കുന്നില്ല ഫലം എന്ന് പറയുന്ന സംയോഗം രണ്ടിടത്തും ഇരിക്കുന്നു ഇവിടെ ചൈത്രനെ ഇരിക്കുന്നു ഗ്രാമത്തിലിരിക്കുന്നു ഫലശാലിയായിട്ട് ഏതെങ്കിലും സ്വീകരിക്കൂ ഗ്രാമത്തിൽ ചൈത്രനെ എന്തുകൊണ്ട് സ്വീകരിക്കില്ല എന്തുകൊണ്ട് സ്വീകരിക്കുന്നു കർത്താവ് തന്നെ അതെന്തുകൊണ്ട് കർമ്മമായി സ്വീകരിക്കുന്ന കാരണം ക്രിയാജന്യ ഫലം രണ്ടിടത്തും ഉണ്ട് ഫലശാലി എന്ന് പറയുന്നത് രണ്ടുപേരും ഫലശാലിയാണ് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞു എന്തുകൊണ്ട് രാമൻ കർമ്മമാണ് ക്ഷേത്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞാണ് അതാണ് ലക്ഷണത്തിൽ പരം എന്ന് ചേർത്തത് കർമ്മത്തിൽ നിന്നും പരമായി അന്യമായിരിക്കുന്ന ഒന്നിലിരിക്കുന്ന ക്രിയ ജന്യമായ ഫലസംയോഗം ഇരിക്കുന്നത് കർമ്മത്തിൽ നിന്ന് ഭിന്നമായി വന്നിട്ടിരിക്കുന്ന ക്രിയ ആ ക്രിയയിൽ നിന്നുണ്ടാകുന്ന എന്തായി ഫലം സംയോഗം അതിരിക്കുന്നത് കർമ്മത്തിൽ കാരണം കർമ്മത്തിൽ നിന്ന് ഭിന്നമെന്ന് ആദ്യമേ പറഞ്ഞതാണ് പരസേദോ എന്ന് പറഞ്ഞത് ഇപ്പൊ രണ്ടിടത്തും സംയോഗം വരുമെങ്കിലും ചൈത്രനെ കർത്താവായി സ്വീകരിക്കും ഗ്രാമത്തെ കർമ്മമായി സ്വീകരിക്കും അപ്പോ കർമ്മമായിട്ട് ചൈത്രനെ സ്വീകരിക്കില്ലായിരുന്നു അത് പരനാണ് കർമ്മമായിട്ട് ഗ്രാമത്തെ സ്വീകരിക്കും ചൈത്രനെ സ്വീകരിക്കുകയില്ലായിരുന്നു ഇവിടെ ഗ്രാമത്തിലെല്ലാം ക്രിയ ഇരിക്കുന്ന അന്യലിലാണ് അന്യരിക്കുന്ന ആ ക്രിയയുടെ ഫലം സംയോഗം എന്ന് പറയുന്നത് എന്തെടുക്കണം ഗ്രാമത്തിലിരിക്കുന്ന ആ സമീപത്തെടുക്കണം ആ സംയോഗമാകുന്ന ഫലമുള്ള ഗ്രാമമാണ് ചൈത്രന അതാണ് അവിടുത്തെ പ്രത്യേകത ആ ഇനി ഇവിടെ ആത്മാവ് ആത്മാവിന് കർമ്മത്വം വരുമെന്ന് നോക്കുക കർത്തൃത്വം വരുമെന്ന് നോക്കുക എവിടെയിരിക്കുന്നു ആത്മാവ് ആ ജ്ഞാനജന്യമായ ഫലം എന്നുവെച്ച ഈ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയുമ്പോൾ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയണം അപ്പോ ആ ആത്മാവിനെ അറിയുമ്പോ ആ ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ഫലം എന്താണ് ആലോചിച്ച് പറയുന്നു ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയുമ്പോ വിശദീകരിച്ചു വിശദീകരിച്ച വിചാരിച്ച എന്റെ തൊണ്ടവേദനയായിരുന്നു ആത്മാവ് ആണ് ജ്ഞാനത്തിന്റെ ആശ്രയം ആ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയുന്നു ഇതാണ് പ്രഭാകരൻ പറയുന്നത് ആത്മാവിനെ അറിയുമ്പോ ആത്മാവിനെ അറിയുമ്പോ ഫലം എന്താണ് എന്താണ് ഫലം ചോദ്യം മനസ്സിലാക്കി തരം പറയും ജ്ഞാനവിഷയത്വം ആത്മാവിനെ അറിയുമ്പോ ജ്ഞാനത്തിന് വിഷയമായി ആത്മാവ് ആത്മാവിനെ അറിയുമ്പോ എന്തായി ആത്മാവെന്ന് പറയുന്ന എന്തായി വിഷയമായി വിടെ ഫലം എന്ന് പറയുന്ന എന്താണ് വിഷയത്വം ആ ഫലം എവിടെ വരും ആത്മാവിന് അപ്പൊ കർമ്മമായി അപ്പൊ ആത്മാവ് കർമ്മം കാരണം ആത്മാവിനെ അറിയുന്നു അറിയായി ആത്മാവ് വിഷയത്വം ആത്മാവിൽ വന്ന് അതാണ് ഫലം ആ ഫലമുള്ള ആത്മാവ് കർമ്മമായി അപ്പോ അവിടെ വേണമെങ്കിൽ പറയാം ക്രിയാജന്യ ഫലശാലവും ക്രിയയായി ഞാനും ക്രിയാജന്യമായ ഫലമെന്ന് പറയുന്ന വിഷയം ക്രിയാജന്യമായ ഫലശാലിയായി ആത്മാവ് ആത്മാവ് കർമ്മമായി കാര്യങ്ങൾ പറഞ്ഞെന്താണ് പരസംവേദ എന്നു ക്രിയ വേറെടുത്തിരിക്കണം ഇവിടെ ഇപ്പോ വേറൊടുത്ത് ഈ ഞാനുണ്ടര സ്വമേതാണോ ഈ ഞാൻ പിന്നെ എവിടെ ഇരിക്കുന്നു ആത്മാവിൽ തന്നെ ഇരിക്കുന്നു ആത്മാവിൽ തന്നെ ഇരിക്കുന്നു എന്നാണ് എന്താണ് ഒന്നാമ തന്നെ ഇരിക്കുന്നു അമ്പോ ചൈത്രൻ പരനായതുകൊണ്ട് പരസംവേദ ക്രിയാജല്യ ഫലശാലിത്വം എവിടെ വന്നു അപ്പൊ ആത്മാവിനെ അറിയുമ്പോ ആത്മാവ് ജ്ഞാനത്തിന് വിഷയത്വം വരും അപ്പോ കർമ്മം ആത്മാവിന് വരും എന്നാണ് പറഞ്ഞത് പക്ഷെ അതില് ആത്മാവിനങ്ങനെ കർമ്മത്വം വരുന്നതിനൊരു തടസ്സമുണ്ട് വിഷയത്വം വരുന്നോണ്ട് കർമ്മത്വം വരും പക്ഷെ വരുന്നതിന് ഈ ലക്ഷണമനുസരിച്ച് തടസ്സം വരും എന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്തായിരിക്കണം അപ്പൊ പരസമേതമായ ജ്ഞാനമുണ്ടാകും അപ്പൊ പിന്നെ കർമ്മത്വം വരും അവിടെയാണ് പ്രശ്നം ജ്ഞാന വിഷയത്വം ആത്മാവ് വരുന്നോണ്ട് കർമ്മത്വം വരൂ എന്ന് പറഞ്ഞ് ശരി പക്ഷേ അങ്ങനെ വരണമെങ്കിൽ പരസമേതജ്ഞാനം വേണം പരസമേതമായ ഞാനുണ്ടെങ്കിൽ മാത്രമേ കർമ്മത്തുമര എവിടെയായിരുന്നു ഈ പറഞ്ഞ ലക്ഷ്യമനുസരിച്ചു അപ്പൊ ആത്മാവിൽ ആണ് ഈ ജ്ഞാനവിരിക്കുന്നത് ആത്മാവിലാണ് ജ്ഞാനവിരിക്കുന്നത് അപ്പൊ പരസംവേതമായൊരു ജ്ഞാനം ഇല്ല ഇപ്പൊ പരസംവേതമായ ജ്ഞാനക്രിയാജന്യം ഫല വിഷയത്ത് എവിടെ വരത്തില്ല അപ്പൊ കർമ്മത്തുമരത്തില്ല ആ പരമെന്നുള്ള ഭാഗം വെട്ടിട്ട് ചിന്തിക്കുമ്പോഴാണ് കർമ്മത്വം വരുന്നത് മനസ്സിലെ ജ്ഞാന ക്രിയാജന്യ ആശ്രയത്വം അല്ലെങ്കിൽ ഫലശാലിത്വം എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് കർമ്മത്വം പക്ഷെ ഇവിടെ ലക്ഷണത്തെ എന്തുകൊണ്ട് ചേർത്തു പരസമേതം എന്ന് പിന്നെ കർമ്മത്വം വരുന്നു കാരണം ഇത് കർമ്മ ആകുമോ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഈ ലക്ഷണം വെച്ചുകൊണ്ടാണ് ഈ ലക്ഷണമനുസരിച്ച് ഇവിടെ കർമ്മത്വം വരുമോ എന്നാണ് ചിന്തിക്കുന്നത് ഇപ്പൊ ലക്ഷണം വെച്ച് നോക്കുമ്പോ ഗ്രാമത്തിൽ എങ്ങനെയാണോ കർമ്മത്വം വരുന്നത് അതുപോലെ ഇവിടെ ആത്മാവിൽ കർമ്മത്വം വരില്ല കാരണം ലക്ഷണത്തിൽ പരസംവേദ എന്നൊരു ഭാഗം കൂടെയുണ്ട് ഇപ്പൊ ജ്ഞാനം എന്ന് പറയുന്ന ആത്മാവിനെ ആശ്രയിച്ചായിരിക്കുന്നു പരസംവേദമാണ് എന്താണ് പരസംവേദന ആശ്രയത്വം ആത്മാവിൽ വരില്ല അതുകൊണ്ട് കർമ്മത്വം വരുത്തില്ല ഇനി കർത്തൃത്വം വരുന്നത് നോക്കുക ആത്മാവ് കർത്തൃത്വം വരാം എന്തുകൊണ്ട് ജ്ഞാനത്തിന്റെ ആശ്രയമാണെന്ത് ആത്മാവ് അതുകൊണ്ടാണ് പരസംവേതം ഉണ്ടാകുന്നത് ഞാനെവിടെയിരിക്കുന്നു ആത്മാവിനിക്കുന്നു അപ്പൊ ഞാനും അപ്പൊ ആത്മാവ് കർത്താവാണ് അതുകൊണ്ടാണ് ഞാനെന്നറിയുന്നത് അപ്പോ പ്രഭാകര ഗുരു എന്താ പറയുന്നത് ആത്മാവ് കർത്താവാണ് പക്ഷെ ആത്മാവ് ഇരിക്കുന്ന കർമ്മം അകറ്റില്ല അപ്പൊ കർമ്മകടത്തരവിരോധമില്ല നേരത്തെ പറഞ്ഞ കർമ്മകടത്തർ വിരോധം ഇങ്ങനെ സ്വീകരിക്കണെങ്കിൽ ഇല്ല നേരത്തെ അവരെന്താ പറഞ്ഞത് ആത്മാവിനെ കർത്താവായും കർമ്മമായും സ്വീകരിച്ചു കഴിഞ്ഞാൽ കർമ്മകടത്തര വിരോധം വരുന്നത് അപ്പൊ പ്രഭാകര് ചോദിക്കുകയാണ് നിങ്ങളുടെ കർമ്മത്തിന്റെ ലക്ഷണം എന്താണ് പരസവേദക്രിയാത്വം അല്ലേ പിന്നീ നോക്കുക ആത്മാവിൽ പരസവേദക്രിയാത്വം ഉണ്ടോ ഇല്ല ക്രിയാഫലശാലിത്വം ഉണ്ടെന്ന് പറയും പക്ഷെ പരസമേതക്രിയാഫലശാലിത്വം ഇല്ല അതുകൊണ്ട് ആത്മാവിൽ കർമ്മത്വം പിന്നെ ആത്മാവിൽ കർത്തൃത്വം ആത്മാവ് പറയുന്നത് ഞാൻ ആശ്രയമാണ് മനസിലായ ഇതാണ് പ്രഭാകര ഗുരുവിന്റെ ബുദ്ധി അതായത് ഭർത്തൃത്വം കർമ്മത്വം പോലുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ടോ ഇല്ലയെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ഇത് വസ്തുനിഷ്ഠമായിട്ടല്ല ചിന്തിക്കുന്നത് ഇതൊക്കെ ആശയപരമായിട്ടാണ് മനസ്സിലായോ എനിക്ക് പ്രാക്ടിക്കലായി ഒന്ന് വരുന്നോ ഇല്ലേ നല്ല ചിന്തിക്കുന്നു ഇതാണ് വാചോ യുക്തികളെന്ന് പറയുന്നത് ബെർബൽ ലോചിതെന്ന് പറയുന്ന ഇതാണ് നിങ്ങളുടെ ഒരു ലക്ഷണം ഉണ്ടാക്കിവെക്കുന്നു കർമ്മത്തിൽ ആ ലക്ഷണം എവിടെയാണോ ഫിറ്റ് ചെയ്യുന്നത് ഫിറ്റാകുന്നത് അതിനെ കർമ്മം എന്ന് പറയും ഏതായാലും അതായത് പശുവിനെങ്ങോട്ടൊരു ലക്ഷണം ഉണ്ടാക്കി ആ ലക്ഷണം എവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ അതായി ആ ജീവിയായി പശു അതുപോലെ അതെടുത്ത് ഫിറ്റായില്ലെങ്കിൽ അത് പശു അതിനപ്പുറം പശു എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച നിങ്ങളുടെ ലക്ഷണം ഏത് ജീവിൽ ഫിറ്റാകുന്നോ അത് പശു മനസ്സിലാവുക അതുപോലെ പരസേത ക്രിയാഫലശാലിത്വം എന്ന് പറയുന്ന ഈ ലക്ഷണം എവിടെയാണോ ഫിറ്റാകുന്നോ അത് കർമ്മമാവും ലക്ഷണത്തിൽ പരവെന്ന് ചേർത്തുകൊണ്ട് അത് ആത്മാവിൽ ഫിറ്റ് ആകുന്നില്ല ആത്മാവ് ആണ് ജ്ഞാനത്തിന്റെ ആശ്രയം അതുകൊണ്ട് ആത്മാവ് പരമല്ല അതുകൊണ്ട് പരസേദക്രിയാപരശാലിത്വം ആത്മാവിൽ വരില്ല ആത്മാവ് കർമ്മവും അപ്പൊ പിന്നെ ഇതുകൊണ്ട് എന്താ ഗുണം ആത്മാവിൽ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് കർത്താവായി അപ്പൊ ഇവിടെ വിരോധമില്ല അപ്പൊ പ്രഭാകരൂര് എന്താ പറയുന്നു ആത്മാവിൽ ജ്ഞാനമുണ്ട് ജ്ഞാനത്തിന്റെ ആശ്രയമാണ് ആത്മാവ് ജ്ഞാനത്തിന്റെ ആശ്രയമായിട്ട് നമ്മൾ ആത്മാവിനെ അറിയുന്നുണ്ട് അത് ജഡമാണ് ജ്ഞാന ഭിന്നമാണ് അഹം ഘടം ജാനാമി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ആത്മാവിനെ അറിയുന്നത് അഹം എന്ന് പറയും ജ്ഞാനത്തിന്റെ ആശ്രയമായിരിക്കുന്നു അവിടുത്തെ ആ ജ്ഞാനം അറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിന് വേറെ അറിവിന്റെ ആവശ്യമൊന്നുമില്ല അറിവ് തന്നെ അറിവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ മുമ്പിൽ വസ്തുവുണ്ട് പുസ്തകം അതിനെയും നിങ്ങളറിയുന്നുണ്ട് ൃപടി രൂപത്തിൽ എപ്പോഴും ആത്മാവും അറിവും വിഷയവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സിദ്ധാന് പുരിഞ്ചിയായ ആ ഭാഗം വായിച്ചു നോക്കുക ഇതുവരെ പറഞ്ഞത് ആത്മാറിഞ്ഞു ആരുടെ ആത്മാവ് പ്രാകാരന്മാരുടെ ആത്മാവ് ജഡോ അതിജമാണ് നോക്കണം എന്റെ വായി നോക്ക് സർവാർത്ഥജ്ഞാനേഷുഭാ സമാനോപി സർവ വിഷയജ്ഞാനങ്ങളിലും അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കർത്തൈവ ആത്മാവ് കർത്താവാണ് എന്നാ കർമ്മ അത് കർമ്മമല്ല എന്തുകൊണ്ട് പരസംവേത ചൈത്രനെ പോലെ എന്നുവെച്ചാൽ ചൈത്രൻ കർത്താവാണ് കർമ്മം അല്ല പരസംവേത ക്രിയാഫലശാലിത്വ അഭാവ പര സംവേതക്രിയാഫലശാലിത്വം ഗ്രാമത്തിലെ ഒരു ചൈത്രനിൽ വരുന്നില്ല അതങ്ങനെ എടുത്തു പറയാൻ കാരണം ഗ്രാമസമയോഗം എന്ന് പറയുന്ന രണ്ടടുത്തുണ്ടെങ്കിലും ശരിക്കും എന്തുവരുന്നു ചൈത്രനെ വരുത്തുള്ളൂ ചൈത്രന്റെ എന്താണ് കർത്തൃത്വം വരുത്തുള്ളൂ ചൈത്രൻ്റെ കർമ്മത്വം വരുത്തുള്ളൂ യഥായി ചൈത്ര സംവേതക്രിയായഹ് എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മസംവേത ജ്ഞാനക്രിയയിൽ നടക്കണം ചൈത്രനഗരപ്രാപ്തവും പറയുന്നത് ചൈത്ര നഗര സംയോഗം ചൈത്രനും നഗരവും തമ്മിലുള്ള സംയോഗത്തിൽ പ്രാപ്തവും പ്രാപ്തി ഉഭയസംവേദായ സംയോഗം എന്ന് പറയുന്നത് എവിടെയിരിക്കും ചൈത്രനും ഇരിക്കും ഗ്രാമത്തിലും ഇരിക്കും എങ്കിലും സംവേദായമൊക്കെ ക്രിയമാണായ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും ിലും ഗ്രാമത്തിലും ആ സമയവും ഇരിക്കുന്നുണ്ടെങ്കിലും നഗരസേവ കർമ്മതാ നഗരം മാത്രമേ എന്തോ കർമ്മ അല്ലെങ്കിൽ ഗ്രാമം മാത്രമേ കർമ്മമാകുന്നുള്ളൂ എന്തുകൊണ്ട് പരസമേതശാലിത്വ എന്തുകൊണ്ട് പരസമേതക്രിയാഫലശാലിത്വം ഗ്രാമത്തിലെ വരും അല്ലെങ്കിൽ നഗരത്തിലെ വരും പരസമേതക്രിയാഫലശാലിത്വം ഗ്രാമത്തിലെ വരും പരണായിട്ട് എന്തിനെടുക്കും ചൈത്ര ചൈത്രശ ചൈത്രനിൽ പല സമയത്ത് ക്രിയാഫലശാലിത്വം വരുന്നില്ല ക്രിയാഫലശാലിനോപി ചൈത്രനും ക്രിയാഫലശാലിയാണ് ചൈത്രനും ക്രിയാഫലശാലിയാണ് എന്നൊരു ഇവിടെ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ് ആത്മാവിനെ അറിയുന്നുണ്ട് മനസ്സിലായോ എന്ന് വെച്ചാൽ ഞാൻ വിഷയത്വം ആത്മാവിനും വരും പക്ഷേ ആത്മാവ് കർമാവ് പ്രത്യേകത വിഷയത്വം എന്ന് പറയുന്നത് എവിടെ വരും ആത്മാവിന് വരും അറിയുന്നു പക്ഷെ അത് കർമ്മമാകത്തില്ല അതുപോലെ ഗ്രാമപ്രാപ്തി എന്ന് പറയുന്നത് ചരിത്രങ്ങളിലും വരും പക്ഷെ ചരിത്രം കർമ്മമാകത്തില്ല പിന്നെ എന്റെ ആകത്തുള്ളു കർത്താവേ അതുപോലെ വിഷയത്വം വന്നാലും ആത്മാവ് കർമ്മമാകത്തില്ല എന്റെ ആകത്തുള്ളു കർത്താവ് എന്തുകൊണ്ട് പരസംവേതല്ല ഞാന് അതാണ് പരസമേതക്രിയാഫലശാലിത്വം അത് ചൈത്രസ്യ ക്രിയാഫലശാലിനോപി ചൈത്രൻ കർമ്മമാകുന്നില്ല എന്നത് ചൈത്ര ചൈത്രനെ കർമ്മത്വം ക്രിയാഫലശൈലിയാണ് എന്തുകൊണ്ട് ചൈത്ര സമയാ ഗമനക്രിയായ ഗമനക്രിയ ചൈത്രനിലായിരിക്കും ഗമനക്രിയ ചൈത്രനിലിരുന്ന് കഴിഞ്ഞാൽ ചൈത്രൻ എന്താകത്തില്ല കർമ്മത്തില്ല അപ്പൊ ജ്ഞാനക്രിയ ഇത് കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് പ്രഭാകര ഗുരുവിന്റെ വശത്തിൽ എന്താണ് കർമ്മകർത്തൃവിരോധം എന്ന് പറയുന്നൊരു ദോഷം ില്ല അപ്പൊ ആത്മാവ് തന്നെയാണ് അറിയുന്നത് വേണ്ടി വന്ന ആത്മാവ് ആത്മാവിനെയറിയും വിഷയങ്ങളെ അറിയും ആ അറിവ് സ്വയം പ്രഭാസമാണ് സംശയരൂപത്തിൽ സ്വയം പ്രഭാസമാണ് അറിവുകളിലും ആത്മാവ് വിഷയം അറിവ് മൂന്നും പ്രകാശിക്കുന്നു മൂന്നിന്റെ അനുഭവം ഉണ്ട് അപ്പൊ അറിവിന്റെ അനുഭവം ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അറിവുണ്ടെങ്കി അത് തന്നെ പറയേണ്ട അറിവിന്റെ അനുഭവം ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും അറിവുണ്ട് അറിവിന്റെ അനുഭവം ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പേര് ഇവിടെ ഇതിന് വലിയ എന്താണോ തർക്കത്തിലൂടെ അറിവിന്റെ അറിവില്ല എന്നൊക്കെ പറയും ആരും പറയുന്ന എൻ്റെ ഒരു ആവശ്യമില്ല അറിവിന്റെ അറിവുണ്ടല്ല അവർക്കും അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അറിവുണ്ടെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന അറിവിന്റെ അറിവുള്ളത് അപ്പോൾ അറിവിനെ എല്ലാവരും അറിയുന്നുണ്ട് അറിവിനാരും അറിയാതിരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടില്ലേ പ്രഭാവരവർ പറയും ശരിയല്ല ആര് പറയുന്നു അദ്വൈതി പറയുന്നു പ്രഭാകർ ഇത്രയും കഷ്ടപ്പെട്ട് യുക്തി ഉപയോഗിച്ച് പറഞ്ഞു തന്റെ സിദ്ധാന്തം പറഞ്ഞപ്പോ അദ്വൈതി പറയുന്നു ശ്രുതി വിരോധം ഞങ്ങളുടെ ശ്രുതിയിൽ അതല്ല പറഞ്ഞിരിക്കുന്നു ആരുടെ അദ്വൈതി അദ്വൈതി പറയുന്നു വേദത്തിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കും അപ്പൊ എന്ത് വ്യക്തി കൊണ്ടുവന്നാലും എന്തുകൊണ്ട് നിഷേധിക്കാം വേദം കൊണ്ട് നിഷേധിക്കാം അപ്പോ അദ്വൈതയടുത്ത് പോയി തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ട് എന്തു തർക്കം കൊണ്ടുവന്നാന്ന് അവരെന്ത് പറയും ഞങ്ങളുടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് നിങ്ങള് പറയുന്ന ഇങ്ങനെയാണ് ശങ്കരാചാര്യ എല്ലാ തർക്കത്തിലും ജയിക്കുന്നത് ഇങ്ങനെയാണ് അവസാനം പറയു ഇത് ശ്രുതേഹേ ശ്രുതി ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നിട്ട് കാര്യം ക്ഷണിച്ചത് നേരത്തെ പറഞ്ഞു ക്ഷണിച്ചത്